അപ്പുസ്തല പ്രവൃത്തികൾ എഴുതിയത് അത് ലൂക്കോസ് ആണ് എന്ന് നമുക്കറിയാവുന്നതാണ് ഇത് ലൂക്കോസ് എഴുതുമ്പോൾ ലൂക്കോസ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് എഴുതി തുടങ്ങുന്നത് ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്ന തേഫിലൊസെ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പുസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ കർത്താവിൻ്റെ ആരോഹണം വരെ ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നു ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം ആ ഒന്നാമത്തെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം അത് ലൂക്കോസ് എഴുതിയ സുവിശേഷമാണ് അപ്പോൾ ഇതെഴുതിക്കഴിഞ്ഞ് ഇപ്പോൾ അപ്പോസ്വല പ്രവർത്തികൾ എഴുതാൻ തുടങ്ങുകയാണ് അപ്പോൾ അപ്പോസ്വല ഇത്രയും എഴുതി കഴിഞ്ഞ് അപ്പോസ്വല വീണ്ടും എഴുതുമ്പോ നേരത്തെ എഴുതി അവസാനിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഊന്നി പറഞ്ഞിട്ടാണ് അപ്പോ സ്വൽ പ്രവർത്തികൾ എഴുതുന്നത് അപ്പോ ഇതെല്ലാം ആരോഹണം വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കി ഇനിയും അപ്പൊ പുതിയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെയല്ല അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് യേശു പറഞ്ഞു നിർത്തിയ ആ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ലൂക്കോസ് പറയുന്നത് രണ്ടു മുതൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാലോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടങ്ങളാൽ ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ അവർ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങളെരുസേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തിനായി വാക്തത്വത്തിനായി കാത്തിരിക്കണം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവ് നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അവനവരോട് പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ശേഷം അവർ കാണുകയെ അവൻ ആരോഹണം ചെയ്തു ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കിക്കൊള്ളുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു ഗലീലാ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് ഈ കാര്യങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞു ആഹാരോഹണം വരെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ ഇത് ആരോഹണം വരെയുള്ള കാര്യം വീണ്ടും അതിലെ ചില പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നമ്മളിപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന ഭാഗത്ത് നമ്മൾ നോക്കിയാൽ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം അവസാന ഭാഗങ്ങൾ വരുമ്പോൾ നാൽപ്പത്തി എട്ട് മുതൽ നാം വായിക്കുമ്പോൾ ഇരുപത്തി നാലാം അധ്യായം ലൂക്കോസ് ഇരുപത്തി നാല് നാൽപ്പത്തിയെട്ട് മുതൽ എൻ്റെ പിതാവ് വാഗ്ദത്വം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേലയയ്ക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കുവീനെന്നും അവരോട് പറഞ്ഞു അനന്തരം അവനവരെ വധാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കുകയിൽ അവനവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു അപ്പോൾ ഇവിടെ രണ്ട് വാക്യങ്ങളിൽ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും ധരിക്കുവോളും നഗരത്തിൽ പാർക്കുവീൻ എന്നവരോട് പറഞ്ഞു അനന്തരം അവരെ ബെധാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരനുഗ്രഹിച്ചു അപ്പോൾ രണ്ട് വാക്യങ്ങളിൽ ആരോഹണത്തിന് തൊട്ട് മുമ്പുള്ള കാര്യങ്ങൾ ലൂക്കോസ് രേഖപ്പെടുത്തി എന്നാലിവിടെ അപ്പോസൽ പ്രവൃത്തികളിലേക്ക് വന്നപ്പോൾ അത് കുറച്ചുകൂടെ വിശദമാക്കി യേശു പറഞ്ഞ കാര്യങ്ങൾ അവിടെ അവസാനം പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിച്ച് അവിടെ പറഞ്ഞ് അതിനുശേഷമാണ് മത്യാസിൻ്റെ തിരഞ്ഞെടുപ്പും അപ്പോൾ പ്രവൃത്തികളെക്കുറിച്ചും പല കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസലേമിലെ യഹുതിയിലും എല്ലായിടത്തും ശബരി ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും അല്ലെങ്കിൽ നിങ്ങൾ എരുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ ഭാഗത്തായി കാത്തിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ഇവിടെ അപ്പസൽ പ്രവൃത്തികളിൽ വായിക്കുമ്പോൾ ഇത് ആരാ പറഞ്ഞത് ഇതാരെ പറഞ്ഞത് ഇത് യേശു കർത്താവ് പറഞ്ഞതാണ് യേശു കർത്താവ് താൻ ക്രൂശ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം ആ നാൽപ്പത് നാൾ ഭൂമിയിൽ ജീവിച്ച് തൻ്റെ ആരോഹണത്തിന് തൊട്ടു മുമ്പ് സ്വന്തം വായിലൂടെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണിത് ചിലപ്പോ നമ്മൾ ഇത് അപ്പോസ്റ്റൽ വായിക്കുമ്പോൾ ഇത് കർത്താവ് ആ ഇത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ കർത്താവ് തൻ്റെ സ്വന്തം വാക്കുകൊണ്ട് കർത്താവ് പറഞ്ഞ വാ കൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ എരുസ്ലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം എന്ന് നാലാമത്തെ വാക്യത്തിൽ പറയുന്നു എട്ടാം വാക്യത്തെ വാക്യത്തിൽ പറയുന്നു അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഏറെ നാൾ മുമ്പേ പരിശുദ്ധാത്മാവ് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു എട്ടാം വാക്യത്തിൽ പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരുസ്ലേമിലും യഹൂതിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞ ഈ വാക്കുകൾ അത് ഈ ശിഷ്യന്മാർ അവർ നീ അവർ അതുപോലെ സ്വീകരിച്ചു അവരത് അവരിൽ പലരും അത് നേരിട്ട് കേട്ടതാണ് അവരതതുപോലെ സ്വീകരിച്ചു അതുപോലെ അവർ വിശ്വസിച്ചു അപ്പോൾ എന്നിട്ട് നമ്മൾ അപ്പൊസ്വൽ പ്രവർത്തികൾ രണ്ടാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ എന്തൊക്കെ നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീ വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ആവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരും മേൽ പതിഞ്ഞു എല്ലാവരും പ്രസിദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി നമുക്ക് നമ്മൾ ഇവിടെ മീറ്റിങ്ങിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് പറയും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വേണം പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ പ്രിയ സൗരസന്മാറിയും നമ്മൾ ഇത് യേശു ആരോഹണത്തിന് മുമ്പ് കർത്താവ് പറഞ്ഞ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ഒരു സാക്ഷിയായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഇത് കർത്താവ് പറഞ്ഞ കാര്യമാണ് ഇതെനിക്ക് വേണം എനിക്കില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടോ അതോ ഇത് നമ്മളൊന്നും എപ്പോഴൊന്നും പറയാറില്ല വല്ലപ്പോഴൊക്കെ പറയും അതില്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാം പക്ഷേ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചുള്ള അങ്ങനെ ആയിരുന്നില്ല അവർ യേശു ഇത് പറഞ്ഞു ഇതെനിക്ക് വേണം കർത്താവ് ഇത് വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ ഒരു മനസ്സോടെ ഒരു സ്ഥലത്ത് കൂടി ഇരുന്ന് അതിനുവേണ്ടി കാത്തിരുന്ന് അവരന്വേഷിച്ചു നമുക്ക് നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് യാക്കോമിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഒന്നാമധ്യായം അവിടെ തുടങ്ങുമ്പോൾ ഞാൻ അവിടെ ആറാം വാക്യം മുതൽ ഞാൻ വായിക്കാം നിങ്ങൾ ജ്ഞാനം കുറവാകുന്നു അതഞ്ചാം വാക്യത്തിലാണ് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ജ്ഞാനത്തെക്കുറിച്ച് മാത്രമല്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം ആറാം വാക്യം തുടങ്ങുന്നത് അപ്പോഴാണ് അവന് ലഭിക്കുന്നത് അവൻ ചോദിക്കുമ്പോൾ ലഭിക്കും എന്നാൽ അതെങ്ങനെയാണ് ചോദിക്കേണ്ടത് അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് ഇരു മനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ ഒരു വിശ്വാസത്തോടെ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കർത്താവ് എന്നോട് നിനക്ക് ഈ ശക്തി വേണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ ശക്തി ഉണ്ടെങ്കിലേ എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയുള്ളൂ എന്നാൽ മാത്രമേ എനിക്ക് ശക്തി ലഭിക്കുകയുള്ളൂ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം ഞാനത് പ്രാപിക്കണം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ആ കർത്താവിൻ്റെ വാക്ക് ശിഷ്യന്മാർ അത് അതുപോലെ ഗൗരവത്തിലെടുത്തു എടുത്ത് അവർ കാത്തിരുന്നു അവരെ പ്രാപിച്ചു അപ്പം ഇന്ന് നമ്മുടെ ചുറ്റിനുമുള്ള പല ബ്രദറിൻ സഹോദരന്മാർ പറയുന്നത് അത് അന്നത്തെ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആയി അപ്പം അവർ കാത്തിരുന്നു അവർക്ക് കിട്ടി അപ്പം ഇനി നമ്മൾ കാത്തിരിക്കുകയും ഒന്നും നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കതെല്ലാം നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾ പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് രക്ഷിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് പിന്നീട് ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്ന ഒരു അനുഭവമില്ല എന്നാണ് അവർ പറയുന്നത് അറിയാതെ ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്ന് ഇത് അത്യന്താക്ഷപേക്ഷിതമായ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ എനിക്ക് കർത്താവ് പറഞ്ഞ് ഞാൻ ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ സംശയിക്കാതെ ഞാൻ ദൈവത്തോടെ ചോദിക്കണം ഞാൻ അത് കാത്തിരുന്ന് വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവമാക്കണം എന്ന് നമുക്ക് ആ രീതിയിലുള്ള ഒരു താല്പര്യവും ആ രീതിയിലുള്ളൊരു അന്വേഷണവും നമുക്കുണ്ടോ നാം വിശ്വാസത്തോടെ ആ പ്രകാരം ചോദിക്കുന്നുണ്ടോ കർത്താവിൻ്റെ അടുത്ത് സംശയിക്കാതെ യോജി ചോദിച്ചാൽ വിശ്വാസത്തോടെ ചോദിച്ചാൽ നമുക്ക് ലഭിക്കും എന്ന് ഉറപ്പാണ് നമ്മൾ നേരത്തെ വായിച്ചത് അപ്പനോട് അപ്പൻ ചോദിച്ചാൽ എന്ത് തേളിനെ കൊടുക്കുമോ അപ്പൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ ഐ മീൻ സോറി മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അപ്പൻ ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുമോ അങ്ങനെ ഒരിക്കലും കൊടുക്കില്ല അപ്പൻ ചോദിച്ചാൽ അപ്പം ചോദിച്ചാൽ കല്ലിനെ കൊടുക്കില്ല മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കില്ല ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സുർഗസ്തനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും അപ്പോൾ കർത്താവ് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു അത് കഴിഞ്ഞ് ആത്മാവ് ഇവിടെ ഇതാ ഐ മീൻ അതിന് മുമ്പ് കർത്താവ് ആരോപണം ചെയ്യുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞ ആ വാക്കാണ് നിങ്ങൾ അപ്പൻ ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുകയില്ല മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയില്ല ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറി അറിയുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ സർവസ്ഥനായ പിതാവ് എത്രയധികം കൊടുക്കും എന്ന് കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ കർത്താവിനോട് ചോദിക്കണം കർത്താവ് എനിക്ക് അത്യന്താപേക്ഷിതമാണ് എനിക്കില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എനിക്ക് വേണം കർത്താവ് എനിക്കത് നിർബന്ധമാണ് ഞാനതിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ അന്വേഷിക്കാൻ നിങ്ങൾ ചെറുപ്പക്കാരങ്ങനെ അന്വേഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് പറയും ജോജി പേർ എപ്പോഴെങ്കിലും പറയും സന്തോഷ് പേർ അല്ലെങ്കിൽ മറ്റു സഹോദരന്മാർ എപ്പോഴെങ്കിലും പറയും കോൺഫറൻസിൻ്റെ സമയത്ത് സാഹിബ് പേർ എപ്പോഴെങ്കിലും ഒന്ന് പറയും ആ സമയത്ത് എല്ലാവരും കൂടെ എഴുന്നേറ്റ് ആ എനിക്ക് വേണം വേണം എന്ന് രണ്ട് വാക്ക് പറയും അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം മറന്നു പിന്നെ ഇല്ലെങ്കിലും എനിക്ക് എന്താ എൻ്റെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ക്രിസ്ത്യ ജീവിത ജീവിതത്തിലുള്ള നമ്മുടെ ശക്തിയില്ലായ്മയ്ക്ക് നമ്മുടെ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയാത്തതിന് ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സത്യം മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഒരു ദാഹം നിങ്ങൾക്കില്ലാത്തതിൻ്റെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിരാശയും ദുഃഖത്തിൻ്റെയും പലപ്പോഴും നിരാശയോടെ മടുപ്പോടെ തലകുനിച്ചിരിക്കുന്നതിൻ്റെ കാരണം ആ കാരണമൊക്കെ ഇതാണ് പരിശുദ്ധത്മതിൻ്റെ നിറവ് ഇല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് പകരം അതിന് നമ്മൾ വേറെ എന്തൊക്കെയോ റിഫൈൻ ചെയ്ത് എന്നാൽ ഞാൻ കുറച്ചുകൂടെ എൻ്റെ ജീവിതം ശരിയാക്കാം കുറച്ചുകൂടെ ഞാൻ അധ്വാനിക്കുക കുറച്ചുകൂടെ ഞാൻ ഞാൻ ഈ ആഴമുള്ള കിണർ ഒത്തിരി ആഴമുള്ളതാണ് കുറച്ചുകൂടെ ഞാൻ ആഴ് വലിച്ച് വലിച്ച് ശബ്ദം ശക്തിയെ വലിച്ചു നമുക്കൊന്നും ലഭിക്കുകയില്ല എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തേക്ക് വരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കർത്താവിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ സഭാ ജീവിതത്തിൽ നമുക്ക് പാപത്തോടുള്ള പോരാട്ടത്തിൽ അതിന് മാത്രമല്ല മറ്റു പല കാര്യങ്ങളിൽ നമുക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേചനം നമുക്ക് ലഭിക്കുന്നതിന് ഓരോ സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല എന്നാൽ കർത്താവ് നമ്മെ സഹായിക്കുന്നത് കർത്താവ് നമ്മെ ശക്തീകരിക്കുന്നത് തക്ക തക്ക ഒരു ഒരു വാക്ക് പറയുവാൻ അല്ലെങ്കിൽ തക്ക രീതിയിൽ നമുക്ക് മറ്റുള്ള എല്ലാത്തിനും നമുക്ക് പരിശുദാത്മാവിന്റെ ശക്തി ആവശ്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ അതിനെ ആ രീതിയിൽ നമ്മൾ ഒരു നിസ്സാരമായിട്ടെടുക്കാതെ നമ്മൾ ഇതിനെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായി യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാക്കാണ് നമ്മൾ ആദ്യം ആദ്യം പറഞ്ഞത് നമ്മൾ മക്കൾ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ലിനെ കൊടുക്കുകയില്ല മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയില്ല എന്ന് പറയുന്നു അതുപോലെ ആരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കർത്താവ് വീണ്ടും പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പോകാതെ എരിസ്ലേമിൽ കാത്തിരിക്കണം നിങ്ങൾ ശക്തി പ്രാപിക്കണം ശക്തി പ്രാപിച്ച് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ സാക്ഷിയായി ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ട ശിഷ്യന്മാർ അവരത് ഗൗരവമായി എടുത്തു അവർ കാത്തിരുന്നു അവർ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് അവർ കാത്തിരുന്നു ശക്തി പ്രാപിച്ചു അവരുടെ ജീവിതത്തിൽ ഭീരുവായിരുന്ന പത്രോസ് ഇതാ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റുന്നത് ധൈര്യത്തോടെ കർത്താവിൻ്റെ സാക്ഷിയായി തൻ്റെ കുറ്റബോധമെല്ലാം നീങ്ങിപ്പോയവനായി ഉറപ്പോടെ നിൽക്കുന്നു അതാ പത്രൂസ് അങ്ങനെ നിൽക്കുന്നു ഇതിനെന്താ പത്രോസിൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തിയത് അത് പരിശുദ്ധാത്മാവ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാപിക്കാനായിട്ട് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കാര്യത്തെ ഗൗരവമായി എടുക്കുന്നില്ല രണ്ട് ഈ കാര്യം നാം വിശ്വാസത്തോടെ നാം ചോദിക്കുന്നില്ല നാം ഗൗരവമായി യേശു പറഞ്ഞ വാക്കാണെന്ന് നമ്മൾ ഓർത്ത് ഗൗരവമായി എടുക്കുന്നില്ല നാം വിശ്വാസത്തോടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല മൂന്നാമത്തെ ഒരു കാര്യം വിശ്വാസം മാത്രമല്ല ഇവിടെ നമ്മൾ യോഹനാഥൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ അവിടെ മുപ്പത്തിയേഴാം വാക്യം മുതൽ നാം വായിക്കുന്നു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ ദാഹിക്കുന്നവനെല്ലാം അപ്പം നമ്മൾ ഈ ഗൗരവമായിട്ട് നമ്മൾ ഈ കാര്യത്തെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധമായിട്ട് നാം നോക്കുകയാണെങ്കിൽ നമുക്ക് ശക്തിയില്ലായ്മയെ കണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ദാഹം വരണം ദാഹം ദാഹത്തോടെ എനിക്ക് കർത്താവേ ഈ നമ്മൾ ഈ ദാഹം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആ എനിക്ക് ഇച്ചിരി വെള്ളം കിട്ടിയാൽ കൊള്ളാം അല്ലെങ്കിൽ ഞാനൊക്കെ ഇടയ്ക്ക് കുടിക്കുന്ന പോലെ ആ തൊണ്ടയ്ക്ക് ഒരു അസ്വസ്ഥത ഇച്ചിരി വെള്ളം കുടിച്ചേക്കാം അല്ലെങ്കിൽ പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് എനിക്ക് വെള്ളമില്ലെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു പോവും എന്ന അവസ്ഥയിൽ എനിക്ക് എനിക്കില്ലാതെ പറ്റില്ല ആ ഒരു ദാഹം ഡെസ്പറേറ്റ് ആയിട്ടുള്ള ദാഹത്തോടെ ഡെസ്പെറേറ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം ലോഡ് എനിക്കില്ലാതെ പറ്റില്ല എനിക്ക് അങ് അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഇല്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല അപ്പോൾ കർത്താവ് പറയുന്നു എല്ലാവരും എൻ്റെ അടുക്കൽ വരാനല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളൂ നമ്മളൊക്കെ ഇവിടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ വേണം പരിശുദാത്മാവിനെ കുറിച്ച് പറയും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ആ എനിക്കും വേണം പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞ കണ്ടീഷനുസരിച്ചല്ല നിങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ലഭിക്കാത്തത് ഒന്ന് ഞാൻ പറഞ്ഞു സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം ഇപ്പം ഇവിടെ എന്താ പറയുന്നത് ഇവിടെ പറയുന്നത് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ ദാഹത്തോടെ കർത്താവേ എനിക്ക് ഐ എം ഡെസ്പെറേറ്റ് കർത്താവെ ഐ കെ നോട്ട് ഗോ ഫോർവേഡ് എനിക്ക് കർത്താവെ പരിശുദ്ധാത്ത ശക്തിയില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്നെ കർത്താവെ അങ്ങ് ശക്തീകരിക്കണമേ അപ്പോൾ നമ്മൾ അപ്പോൾ പിന്നെ അതിനുവേണ്ടി ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ മറ്റു മുതിർന്നവർ അപ്പോൾ ഇടയ്ക്ക് ആരും അറിയുന്നില്ല ഇപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച കഴിഞ്ഞു ആ അപ്പോൾ ഞായറാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് അല്ല മേ ബി അടുത്ത ശനിയാഴ്ച കർത്താവ് എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഉറപ്പ് എനിക്ക് ലഭിച്ചില്ലല്ലോ ഞാനിന്ന് വൈകോട്ട് ഞാനിന്ന് ഒന്ന് ഉപസിച്ച് ഞാനങ്ങനെ അന്വേഷിക്കട്ടെ കർത്താവ് ഞാനിന്ന് ഞാനെന്ന് ഉപവാസത്തോടെ ഞാൻ അന്വേഷിക്കട്ടെ ഞാനിന്ന് ഒരു ദിവസം മുഴുവൻ ഞാൻ ഉപവസിക്കട്ടെ കർത്താവ് ഞാനല്ല എനിക്ക് ഇന്ന് ലഭിച്ചില്ല അല്ല ഇന്ന് രണ്ടാമത്തെ ദിവസവും ഞാൻ എന്നാൽ ഉപവസിക്കട്ടെ എന്തുകൊണ്ട് നമുക്കങ്ങനെ അന്വേഷിച്ചുകൂടാം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഡെസ്പറേറ്റായിട്ട് അന്വേഷിച്ച ഒരു മനുഷ്യനും ഇതുവരെ പരിശുദാത്മാവിൻ്റെ നിറവ് ലഭിക്കാതെ പോയിട്ടില്ല ഞങ്ങൾ പലരുടെയും വ്യക്തിപരമായ അനുഭവം ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് പ പങ്കുവച്ചിട്ടുണ്ട് അതിനാരും വന്ന് തലയിൽ കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് പരിശുധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല മറ്റ് പലർ പലർക്കും ഇവിടെയിരിക്കുന്ന പലർക്കും പരിശുധാത്മാവിൻ്റെ നിറവ് വ്യക്തിപരമായി റൂമിലിരുന്ന് ഈ തരത്തിൽ ദാഹത്തോടെ അന്വേഷിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ലഭിച്ച അതായിട്ട് എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം മറ്റ് പലരുടെ ജീവിതത്തിൽ എനിക്കറിയാം ആ രീതിയിൽ കർത്താവെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല കർത്താവേ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അന്വേഷിച്ച സമയത്ത് ദൈവം അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറച്ച അനുഭവങ്ങൾ പലർക്കുമുണ്ട് എന്നാൽ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ അന്വേഷിക്കുന്നില്ല ഇന്ന് ഒരു നാളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ച ശേഷം ഇന്ന് വീണ്ടും നാം ബലഹീനരായിരിക്കുന്നു നമുക്ക് ധൈര്യം ശോഷിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ മറ്റ് പല കാര്യങ്ങൾക്കും നാം ഇടം കൊടുത്തിരിക്കുന്നുവെങ്കിൽ നാം വീണ്ടും ദൈവത്തിൻ്റെ ഇടക്കിലേക്ക് വരണം വന്നിട്ട് പറയണ കർത്താവേ എനിക്ക് വീണ്ടും അങ്ങയുടെ നിറവ് എനിക്ക് ആവശ്യമുണ്ട് ഇത് ഒറ്റപ്രാവശ്യമുള്ളൊരു നിറവല്ല ഏതെങ്കിലും ഒരു ഡേറ്റിൻ്റെ പറയുന്നതല്ല എന്നത് വീണ്ടും എനിക്ക് മരിച്ച എൻ്റെ നിറവ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് നാം ദൈവത്തോട് അന്വേഷിക്കണം അവിടെ അതിൻ്റെ അടുത്ത് വാക്യത്തിൽ തന്നെ നാം യോഹനാൻ ഏഴിൽ വായിച്ച ഭാഗത്ത് തന്നെ പറയുന്നത് ദാഹിക്കുന്നവൻ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് പറയുന്നത് എനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് അഗെയിൻ നാം നേരത്തെ ചിന്തിച്ച വിശ്വാസത്തെക്കുറിച്ചും നാം അവിടെ വായിക്കുന്നു എനിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവിഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിനെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു എന്നിട്ട് കർത്താവ് അത് വളരെ വ്യക്തമാക്കുന്നു കർത്താവ് വ്യക്തമാക്കുന്നു ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ഈ ഭൗതികമായ എന്തെങ്കിലും അനുഗ്രഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത് അവൻ ഇത് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമാക്കിയ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായി ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് അന്ന് കർത്താവ് പറഞ്ഞ അന്ന് ആരോഹണത്തിന് തൊട്ട് മുമ്പ് കർത്താവ് പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ നിറ വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും അത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ആ കാര്യത്തെ നമുക്ക് ഗൗരവമായിട്ടെടുക്കാം നമുക്ക് സംശയമില്ലാതെ അന്വേഷിക്കാം നമുക്ക് ദാഹത്തോടെ അന്വേഷിക്കാം നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും ദൈവം നമ്മെ സന്ദർശിക്കും അതുമാത്രമല്ല നമ്മൾ ഈ അന്യഭാഷ ഭാഷണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഇതിൻ്റെ തെറ്റായ ഉപയോഗത്തെ കണ്ട് നമ്മൾ പലപ്പോഴും ഇവിടെ പറയാറുണ്ട് ഇങ്ങനെ ഒരു വാക്ക് പോലും ഒരു സഹോദരൻ കോയിൻ ചെയ്തു പെൻറ്റലോമൈറ്റസ് പെൻറ്റലോമൈറ്റസ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതൊരു ഡിക്ഷണറിയിൽ അങ്ങനെ ഒരു വാക്കില്ല എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം ഈ പെൻഡിലും നമുക്കിപ്പോൾ മിക്കവാറും ഡിജിറ്റൽ ക്ലോക്കുകളായതുകൊണ്ട് നിങ്ങളിൽ കുഞ്ഞുങ്ങളൊക്കെ പെൻ്റിലും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഈ എന്ന് പറഞ്ഞാൽ ഇത് ഒരറ്റത്തു നിന്നും ഇങ്ങനെ ഒരറ്റത്ത് നിൽക്കും അത് കഴിഞ്ഞാൽ അടുത്ത് ഇങ്ങേ അറ്റത്ത് പോവും അതുകഴിഞ്ഞാൽ നേരെ മറ്റേ അറ്റത്തേക്ക് പോകും അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങേ അറ്റത്തേക്ക് പോയി ഇത് ഇങ്ങനെ നടുക്ക് നിൽക്കില്ല ഒരറ്റത്ത് മറ്റേ അറ്റം ഒരറ്റം മറ്റേ അറ്റം അപ്പോൾ അവരെല്ലാം അത് ചെയ്യുന്ന തെറ്റാണ് അവർ പെന്തക്കോസിലുള്ള ഉപയോഗം തെറ്റ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് പോലും പോയത് ഇങ്ങേ അറ്റത്ത് പോയേക്കാം അപ്പോൾ അതൊരു ഒരു ഒരു പെൻറ്റലോമൈറ്റിസാണ് അങ്ങനെയല്ല നമ്മെ സംബന്ധിച്ചോളം ദൈവവചനത്തിൽ എന്താ പറയുന്നത് അതിൻ്റെ പ്രയോജനം ഞാൻ അതെടുക്കണം അതിൻ്റെ പ്രയോജനം ഞാൻ എടുക്കണം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഉറപ്പ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നിറവിൻ്റെ ഉറപ്പ് വരുമ്പോൾ ചില സമയത്ത് ചിലരെ സംബന്ധിച്ചോളം അത് അവർക്ക് പരിശുദാത്മാവിൻ്റെ അവർക്ക് ഉള്ളിൽ ഒരു ബലം തോന്നുന്നു ഉള്ളിൽ സന്തോഷം തോന്നുന്നു ഉള്ളിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യം തോന്നുന്നു അവരുടെ ഭയം നീങ്ങിപ്പോകുന്നു ദൈവത്തിൻ്റെ ശക്തി അവരുടെ വന്നതായിട്ട് അവർക്ക് ബോധ്യം വരുന്നു അവർക്കൊരു ഉറപ്പ് വരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഒരു പക്ഷേ അവർക്ക് അവരുടെ നാവുകളെ നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല ദൈവത്തെ സ്തുതിക്കാനായിട്ട് അവർ ഒത്തിരി വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ അവർ അവരുടെ നാവിനെ വിട്ടുകൊടുക്കുന്നവർ അന്യഭാഷയിൽ സംസാരിക്കുന്നു അന്യഭാഷകളിൽ സംസാരിക്കുന്നതൊരു ഭാഷയാണ് ആ ഭാഷയിൽ സംസാരിക്കും അവരത് സംശയിക്കാതെ ആ ഭാഷയിൽ സംസാരിക്കുക ഒരുവൻ നമ്മൾ കുരന്തി ലേഖനത്തിൽ വായിക്കുന്നു ഒരുവൻ അന്യഭാഷയിൽ സംസാരിച്ചാൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ എന്താ ചെയ്യുന്നത് തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം ദൈവഭക്തനായ നാം വില റെസ്പെക്റ്റ് ചെയ്യുന്ന സാക്ബ്ര പലപ്പോഴും പറയാറുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ബിരിയാണി പോലെയാണെന്ന് വിചാരിക്കുക നമ്മൾ ചെല്ലുന്നു അപ്പോൾ ബിരിയാണി എനിക്ക് വേണം വിശ വളരെ വിശന്നിരിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറവ് എന്ന് പറയുന്നത് ബിരിയാണിയാണ് ബിരിയാണി എനിക്ക് വേണം ബിരിയാണി എനിക്ക് തീർച്ചയായിട്ടും വേണം ബിരിയാണി വേണം ബിരിയാണി എനിക്ക് കഴിക്കണം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഐസ്ക്രീമും ഉണ്ട് ഐസ്ക്രീമാണ് ഈ അന്യഭാഷയിൽ അന്യഭാഷ ഭാഷണം എന്ന് വിചാരിക്കുക അപ്പോൾ ഏഹ് എനിക്ക് ബിരിയാണി മതി ബിരിയാണി മതി എനിക്ക് ഐസ്ക്രീം വേണ്ടത് നമുക്ക് ആ കാര്യത്തിൽ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഐസ്ക്രീമും വേണം എനിക്ക് കാര്യം ഐസ്ക്രീമും എനിക്ക് നല്ലതാണ് ഐസ്ക്രീമും വേണം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം ശക്തി വേണം അതോടൊപ്പം അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നുവെങ്കിൽ എനിക്ക് അന്യഭാഷയിലും എനിക്ക് സംസാരിക്കണം കാര്യം അതെനിക്ക് ആത്മീകവർധന വരുത്തുന്ന ഒരു കാര്യമാണല്ലോ എനിക്കത് ആവശ്യമാണ് കർത്താവെ നിരാശപ്പെട്ട് ഞാൻ വീട്ടിൽ തനിയായിരിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് എനിക്ക് എന്നെ സ്വാതന്ത്ര്യനാക്കുന്നു എനിക്ക് എൻ്റെ ഭയങ്ങളെ നീക്കുന്നു എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എനിക്ക് വേണം അപ്പോൾ നിങ്ങൾ പരിശുദാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ നിങ്ങൾക്ക് ആ ഉറപ്പുണ്ട് എന്നാൽ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കാനായിട്ടുള്ള ആ വരത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കുക കർത്താവ് എനിക്ക് ആ വരം വേണം അതുപോലെ പ്രവചനപരം വാഞ്ചിപ്പിന് ദൈവവചനം പറയുന്നു ദൈവവചനം പ്രവചനാത്മാവിൽ സംസാരിക്കുവാൻ ആളുകളുടെ ഹൃദയത്തിൻ്റെ ആവശ്യത അനുസരിച്ച് അവരോട് സംസാരിക്കുവാനുള്ള ആ വരം എനിക്ക് നൽകണമേ ഇതൊക്കെ പരിശുമാത്മാൻ്റെ വരങ്ങളാണ് നമ്മളത് ചോദിക്കണം അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ ഞാൻ എനിക്ക് ആത്മീകവർധന വരുത്തുന്ന ഒരു കാര്യമാണ് അത് പൊതുവായുള്ള പ്രയോജനത്തിനെ കാട്ടിലുപരി എൻ്റെ വ്യക്തിപരമായ പ്രയോജനത്തിനാണ് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായ പ്രയോജനം വേണം എനിക്കത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ നാം അതിനെയും തുച്ഛീകരിക്കരുത് പരിശുദ്ധാത്മാവിനെ നാം തുച്ഛീകരിക്കരുത് എന്ന് പറയുമ്പോൾ അതോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഇങ്ങനെയുള്ള വരങ്ങളെയും നാം തുച്ഛീകരിക്കരുത് നാം തുച്ഛീകരിക്കണം എനിക്ക് പ്രയോജനമുള്ളത് ഞാനത് എടുക്കുക എനിക്ക് പ്രയോജനമുള്ളത് നാം എടുക്കുകയും നാം എക്സസൈസ് ചെയ്യുകയും ചെയ്യും നമ്മളിവിടെ പൊതുവേ സഭയിൽ നമ്മൾ കോമണായിട്ട് ഇവിടെ ആയിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ ചില പാട്ട് പാടുന്നു അപ്പോൾ ഉടനെ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരവിടെ ഇരുന്ന് അവരന്യഭാഷയിൽ സംസാരിക്കും ഉടനെ മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബന്സ് ആകുന്നു പുറത്തുനിന്ന് വരുന്ന ഒരാളിന് ഇതെന്താണ് ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പൊതുവായ വേദിയിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്യഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറയുന്നു ദൈവവചനം അങ്ങനെയാണ് പറയുന്നത് ദൈവവചനം അങ്ങനെ വിലക്കുന്നു പബ്ലിക്കായിട്ടുള്ള ഒരു ഇൻറ്റർപ്രേഷൻ ഇല്ലാതെ വ്യാഖ്യാനമില്ലാതെ അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് ദൈവവചനം വിലക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാറ് എന്നാൽ നമ്മൾ ഒരു വിഷ് കോമണായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു കോമണായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം വ്യക്തിപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് അന്യഭാഷയിൽ ഭാഷണത്തിനുള്ള വരം ലഭിച്ച വ്യക്തികൾക്ക് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കണം നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു പ്രേരണം ലഭിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക അത് തീർച്ചയായിട്ടും ദൈവവചനത്തിന് യോ യോജിക്കുന്നതാണ് ഞാൻ പലപ്പോഴും നമ്മുടെ സഭകളിൽ പല സഹോദരങ്ങളും അവർ അവിടെ നിന്ന് കോമണായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് വ്യക്തിപരമായിട്ട് അവർ ദൈവത്തെ അറിയാവുന്ന ഭാഷയിലും അവർ അന്യഭാഷയിലും സ്തുതിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ചിലപ്പോഴങ്ങനെ ചെയ്യാറുണ്ട് നിങ്ങളങ്ങനെ ചെയ്യണം നമ്മളിതൊക്കെ ഇതൊന്നും നമുക്ക് നമ്മുടെ ഇടയിൽ വേണ്ട എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഒരിക്കലും ഇരിക്കരുത് അതുമാത്രമല്ല ഒരിക്കൽ ഒരുപക്ഷെ നമ്മളിവിടെ ഇങ്ങനെ മീറ്റിങ്ങിൽ ഇരിക്കുന്നു പാട്ടുപാടുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും വളരെ പ്രേരണ ഉള്ളത്തിൽ നിന്നുണ്ടാവും ഒരു അന്യഭാഷയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാകും അപ്പോൾ പ്രേരണ ഉണ്ടാകുന്നു നമ്മൾ ദൈവചനത്തിൽ പറയുന്നത് അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുമെന്നാണ് അപ്പോൾ ഒരു ഒരുപക്ഷെ ചില ഒക്കേഷൻസിൽ അങ്ങനെയുള്ള ഒരു അന്യഭാഷയിൽ സംസാരിച്ചാൽ വ്യാഖ്യാനപരമുള്ള മറ്റൊരു സഹോദരൻ ചിലപ്പോൾ മീറ്റിങ്ങിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ആ വ്യക്തി അതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്യും അതിന് ഒരു മീനിങ് പബ്ലിക്കായിട്ട് പറയും പബ്ലിക്കായിട്ട് പറയുമ്പോൾ അത് എല്ലാവരെയും ദൈവത്തിൻ്റെ ഒരു വചനമായി ദൈവത്തിൻ്റെ ഒരു വാക്കായിട്ട് അത് എല്ലാവർക്കും ഉത്സാഹവും എല്ലാവർക്കും ബലവും പകരും അപ്പോൾ ഈ രീതിയിലുള്ള അതും നമ്മുടെ സി സഭയിൽ തന്നെ പ്രകാരം ഉള്ള ഈ ഭാഷ ഭാഷണവും അതിൻ്റെ വ്യാഖ്യാനവും നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ രീതിയിൽ ഞാൻ ഉത്സാഹം പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇതിനെയൊക്കെ തെറ്റായി ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് നേരെ അങ്ങ് മറ്റേ എക്സ്ട്രീമിലേക്കല്ല നമ്മൾ പോകേണ്ടത് അതുകൊണ്ട് നാം അതിൻ്റെ ഒരു മധ്യഭാഗത്തേക്ക് വന്ന് ദൈവമേ അങ്ങയുടെ വചനത്തിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വേണം അത് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദാഹിക്കുന്നു എനിക്ക് പ്രത്യേകിൻ്റെ ശക്തി എനിക്ക് ആവശ്യമുണ്ട് ഞാൻ കർത്താവെ അങ്ങയുടെ ആ കാര്യത്തെ ഞാൻ ഗൗരവമായി എടുക്കുന്നു ഞാൻ വിശ്വാസത്തോടെ സംശയിക്കാതെ ഞാൻ അങ്ങയോട് ചോദിക്കും ഞാൻ ദാഹത്തോടെ അങ്ങയോട് ചോദിക്കും ഞാൻ കഥാവേ ഞാൻ അങ്ങനെ ആ രീതിയിൽ അങ്ങയോട് ചോദിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ശക്തി ബലം എനിക്ക് വേണം അതുമാത്രമല്ല എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും എനിക്ക് വേണം എന്നെ തന്നെ ആത്മീക വർധന വരുത്തുന്ന ഭാഷണം എനിക്ക് വേണം എനിക്ക് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന പ്രവചനത്തിൻ്റെ വരം അതും എനിക്ക് വേണം അവരുടെ ഭാവി പറഞ്ഞു കൊടുക്കാനല്ല ദൈവവചനത്തിലൂടെ അവർക്ക് അവരെ ഉത്സാഹിപ്പിക്കുന്ന വ്യക്തിപരമായ ഒരു സംസാരത്തിൽ സഭാ മീറ്റിങ്ങിൽ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഇവിടെ മീറ്റിങ്ങിൽ സാക്ഷ്യത്തിൻ്റെ സമയം എല്ലാവരും ശാന്തമായിട്ടിരിക്കും സാക്ഷ്യത്തിൻ്റെ സമയം നമ്മൾ ഫ്യൂണറലിൻ്റെ സമയം പോലെയല്ല സാക്ഷ്യത്തിൻ്റെ സമയത്ത് എല്ലാവരും ചാടി എഴുന്നേറ്റ് ദൈവം അവരുടെ ഉള്ളത്തിൽ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം അവരുടെ ഇടപെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ സഭയാകുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളായി എൻ്റെ സഹോദരങ്ങൾക്ക് ഒരു വാക്കുകൊണ്ട് അവരെ എന്നുള്ള താല്പര്യത്തിൽ ചാടി എഴുന്നേറ്റ് പറയേണ്ട ഒരു സമയമാണ് പ്രാർത്ഥിക്കാനുള്ള സമയം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും മൗനപ്രാർത്ഥനയാണ് നമുക്ക് മൗനപ്രാർത്ഥന വീട്ടിൽ നിന്ന് മൗനപ്രാർത്ഥന ചെയ്യേണ്ട സമയത്ത് മൗന പ്രാർത്ഥന ചെയ്യുക പബ്ലിക്കായിട്ട് നാം പ്രാർത്ഥന ചെയ്യ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആരും പ്രാർത്ഥിക്കാത്തത് എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരെഴേറ്റ് ആ സമയത്ത് ശബ്ദത്തോടെ പ്രാർത്ഥിക്കാത്തത് നിങ്ങളുടെ ഭയത്തിൻ്റെയും പേടിയുടെയും പുറകിൽ എന്താണ് നിങ്ങൾക്ക് പരിശുദാത്മാവിൻ്റെ നിറവില്ല നിങ്ങൾ മനുഷ്യരെ പേടിക്കുന്നു മനുഷ്യരെ പേടിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ നിങ്ങളുടെ ജീവിതം കാലം പോക്കി പിശാചിന് അടിമകളായി നിങ്ങൾ പോകരുത് ദൈവത്തോട് നിങ്ങൾ ചോദിക്കുക യേശുക്രിസ്തുവിൻ്റെ വാക്കിനെ നിങ്ങൾ കേട്ട് ദൈവത്തോട് നിങ്ങളെ അപേക്ഷിക്കുക പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങൾ പ്രാപിക്കുക നിറവ് പ്രാപിച്ച് ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉത്സാഹത്തോടെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ സാക്ഷ്യം പറയേണ്ട സമയത്ത് ഉത്സാഹത്തോടെ എഴുന്നേറ്റ് സാക്ഷ്യം പറയുവാൻ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുവാൻ മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ ആ രീതിയിൽ ജീവനുള്ള ശക്തിയുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും ദൈവം നമുക്ക് നൽകട്ടെ നമുക്ക് എസ് എസ് പുസ്തകത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ മുപ്പത്തി ഏഴാം അധ്യായത്തിലും നാൽപ്പത്തി നാൽപ്പതാം അധ്യായത്തിലുമൊക്കെ അവർ വളരെ എല് എല് എല്ലുകളുടെ കൂമ്പാരം ഒരു ജീവനും ചൈതന്യവും ഒന്നുമില്ലായിരുന്ന എല്ലുകളുടെ കൂമ്പാരം അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ആ എല്ലുകളുടെ മേൽ വന്നപ്പോൾ ആ എല്ലുകളെല്ലാം മാംസം വെച്ചു തൊലിവെച്ചു അത് എഴുന്നേറ്റ് ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നതായിട്ട് നമ്മൾ വായിക്കുന്നു മറ്റൊരു സ്ഥലത്ത് ആലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ ഇതാ ഒരു നദി പുറപ്പെട്ട് അതിനുശേഷം ആ നദി അത് ഒഴുകി ഒഴുകി ഒഴുകി അവിടെ മുങ്ങാൻ മുങ്ങുന്ന രീതിയിൽ നീന്തി കടക്കുവാൻ മാത്രം കഴിയുന്ന രീതിയിൽ ആ വെള്ളം ഉയർന്ന് ആ വെള്ളം ഒഴുകുന്നിടത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളും പച്ചപ്പോടെ ആയിരിക്കുന്ന ഒരവസ്ഥ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചിത്രങ്ങൾ ദൈവവചനത്തിൽ പലയിടങ്ങളിലുണ്ട് വ്യക്തതയ്ക്കായി ഞാൻ ഒരു കാര്യം കൂടെ പങ്കുവെക്കട്ടെ 1 കുരം തീർ പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം മറ്റൊരുവന് വീര്യപ്രവർത്തികൾ മറ്റൊരുവന് പ്രവചനം മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം വേറൊരുവന് പലവിധ ഭാഷകൾ മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛയ്ക്കും പോലെ അവനവന് അതത് വരം പകത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ നാം ഇവിടെ ദൈവവചനത്തിൽ വായിക്കുന്നത് നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആണ് നാം അന്വേഷിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയുമാണ് നാം അന്വേഷിക്കേണ്ടത് അല്ലാതെ പ്രാഥമികമായി എനിക്ക് ഇന്ന വരം വേണം എന്ന് പറഞ്ഞല്ല നാം ദൈവമുഖം അന്വേഷിക്കേണ്ടത് നമ്മൾ ചിലരൊക്കെ എനിക്ക് അന്യഭാഷയിലുള്ള ഭാഷണം അത് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് വേണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്ക് വേണം എന്ന ഒരു അന്വേഷണമാണ് നമുക്ക് വേണ്ടത് ആത്മാവ് ദൈവത്തിന് ഇച്ഛിക്കുന്നത് പോലെ താനിച്ഛിക്കും പോലെ അവനവന് ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതു പ്ര പ്രയോജനത്തിനായി നൽകപ്പെടുന്നു അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വരങ്ങൾ വ്യത്യസ്തമായിരിക്കാം ഒരു വ്യക്തിക്ക് പ്രവചന വരം ആയിരിക്കാം ലഭിക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് രോഗശാന്തിയുടെ വരമായിരിക്കാൻ ലഭിക്കുന്നത് ഈ രണ്ടു വരവും ലഭിക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതോടൊപ്പം അന്യഭാഷാ ഭാഷണവും ചെയ്യുന്ന ഒരു സഹോദരൻ ഉണ്ടായിരിക്കാം എന്നാൽ എനിക്ക് അന്യഭാഷാ തന്നെ വേണം എന്ന് നമുക്ക് ശാഠ്യം പിടിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ദൈവവചനത്തിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധനവ് എന്ന് പറയുന്നത് കൊണ്ട് ദൈവമേ എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ വിശേഷാൽ എന്ന ഒരു പ്രയോഗം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും അവിടെ വിശേഷാൽ പ്രവചനം വാഞ്ചിക്കുവാനായിട്ട് അവിടെ പറയുന്നു നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിലും ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം പതിനാലാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്നേഹം ആചരിക്കുവാൻ ഉത്സാഹിക്കുവാൻ ആത്മികവരങ്ങളും വിശേഷാൽ പ്രവചന വരവും വാഞ്ചിക്കുവേൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത് ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു പ്രവചിക്കുന്നവനോ ആത്മിക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ വരുത്തുന്നു പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മികവർധന വരുത്തുന്നു നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു അപ്പം ഇവിടെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് വിശേഷാൽ അല്ലെങ്കിൽ എസ്പെഷ്യലി പ്രവചനപരം വാഞ്ചിക്കാനായിട്ട് പറയുന്നു വീണ്ടും അഞ്ചാം വാക്യത്തിൽ അത് ആവർത്തിക്കുന്നു എസ്പെഷ്യലി വിശേഷാൽ പ്രവചിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്നാൽ അതോടൊപ്പം തന്നെ പോലീസ് പറയുന്നു നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു അപ്പം അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ അന്വേഷിക്കണം പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ അന്വേഷിക്കണം നമുക്കതോടൊപ്പം അന്യഭാഷയിൽ സംസാരിക്കുവാനുള്ള വരവും പ്രവചനവരവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വരവും ദൈവം നൽകിയേക്കാം എന്നാൽ അത് ദൈവത്തിൻ്റെ കയ്യിലാണ് അത് ആത്മാവ് ഇച്ഛിക്കുന്നതുപോലെയാണ് അത് ചെയ്യുന്നത് എന്നാൽ നാം ചോദിക്കുമ്പോൾ സംശയമില്ലാതെ വിശ്വാസത്തോടെ ദാഹത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി നാം അന്വേഷിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് നിറവിൻ്റെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നാം മറ്റ് വരങ്ങൾ പ്രത്യേകിച്ച് പ്രവചനവരത്തിനായിട്ട് അന്വേഷിക്കുക അതുപോലെ അത് പൊതുപ്രയോജനത്തിന് ഉപകരിക്കുന്നു അതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആത്മീക നാം അന്വേഷിക്കുക ദൈവം ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തത നൽകട്ടെ ഇത് വ്യക്തിപരമായിട്ട് എനിക്ക് അനുഭവേദ്യമാകണം എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് അന്വേഷിക്കാം പ്രിയ സൗസ്വരന്മാരെ നിങ്ങൾ ആ രീതിയിൽ ഈ മീറ്റിങ്ങിൽ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ മാത്രമല്ല തുടർന്ന് നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ ഒരു നിമിഷവും കൂടെ നമുക്ക് തലകളെ വണക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങളെ മുതിർന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആ രീതിയിൽ അനുഭവം നിങ്ങൾക്കില്ലാത്തവർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരിക്കൽ അനുഭവിച്ച ശേഷം അതിനെ വീണ്ടും നെഗ്ലക്റ്റ് ചെയ്ത ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം കർത്താവേ അങ്ങയുടെ വാക്കിനെ ഞാൻ വീണ്ടും ഞാൻ ഗൗരവമായി ഞാൻ എടുത്തില്ല കർത്താവേ അങ്ങ് എന്നോട് കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് അങ്ങയുടെ സാക്ഷിയാകുവാനായിട്ട് അങ്ങ് പറഞ്ഞെങ്കിലും ഞാൻ ആ കാര്യങ്ങളെ ഗൗരവമായിട്ട് ഞാൻ എടുത്തില്ല കർത്താവേ ഞാൻ എൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുള്ള എൻ്റെ ജീവിതത്തെ കുറി ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം ഹാലേ ലുഹ്യ ഹാലേ ലുഹ്യ Alleluia, ഹൃദയം നുറങ്ങി നാം താഴ്മയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വന്ന് നമ്മെ ശക്തീകരിക്കും നമ്മെ ബലപ്പെടുത്തും നമ്മെ പുതുതായിട്ട് നിറയ്ക്കും പരിശുദാത്മാവിൻ്റെ വരങ്ങളെ നാം നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ദൈവത്തോട് ക്ഷമ ചോദിക്കാം കർത്താവ് എനിക്ക് അന്യഭാഷ ഭാഷണവും ആവശ്യമാണ് കർത്താവ് എനിക്ക് പ്രവചനപരവും ആവശ്യമാണ് നമുക്ക് കർത്താവിനോട് പറയാം കർത്താവിൻ്റെ ഒരു പുതിയ ശക്തി അത് ഇന്ന് ഈ മീറ്റിങ്ങിൽ തുടങ്ങി നിങ്ങൾക്ക് ഒരു അന്വേഷണം ആ രീതിയിൽ ഹാലയിൽ വീട്ടിൽ ചെന്ന് ആ രീതിയിൽ ദാഹത്തോടെ വിശ്വാസത്തോടെ അത് ഉപവാസം വേണമെങ്കിൽ ഉപവാസത്തോടെ കർത്താവിനെ അന്വേഷിച്ച് പരിശാവിൻ്റെ നിറവിൻ്റെ ഒരു ഉറപ്പ് പ്രാപിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ഇടയാകട്ടെ അതേ പ്രിയ കർത്താവെ ഞങ്ങൾ ചേർന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കഴിഞ്ഞ നാളുകളിൽ കർത്താവെ ഞങ്ങൾ കർത്താവെ അങ്ങയുടെ വചനത്തെ ഗൗരവമായി എടുക്കാതെ അങ്ങേടെ ഇരളപ്പാടുകളെ ഗൗരവമായി എടുക്കാതെ ഇരുന്ന നാളുകൾ ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് മുമ്പോ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന ബോധ്യത്തോടെ അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി കർത്താവെ ഒരു യഥാർത്ഥത്തിലുള്ള ഗൗരവമായുള്ള ദാഹത്തോടെയുള്ള വിശ്വാസത്തോടെയുള്ള ഒരു അന്വേഷണം കർത്താവ് ലഭിക്കുന്നത് വരെ കാത്തിരുന്നു കൊണ്ടുള്ള ഒരു അന്വേഷണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് മുതിർന്നവർക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവെ അങ്ങയുടെ സാക്ഷിയായി നിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ